തീർച്ചയായും അവരിൽ ഒരു വിഭാഗമുണ്ട് അത് വേദഗ്രന്ഥത്തിൽ നിന്നാണെന്ന് നിങ്ങൾ കരുതാൻ വേണ്ടി അവർ വേദഗ്രന്ഥത്തെ നാവുകൊണ്ട് വളച്ചൊടിക്കുന്നു എന്നാൽ അത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതല്ല അത് അല്ലാഹു സുബഹാനഹൂവത്തെ ആലായുടെ ഭാഗത്തുനിന്നാണെന്നവർ പറയുന്നു എന്നാൽ അത് അല്ലാഹുസുബഹാനഹഹൂവത്തെ ആലായുടെ ഭാഗത്തു നിന്നുള്ളതല്ല അവർ അറിഞ്ഞുകൊണ്ടുതന്നെ അല്ലാഹുസുബഹാനഹഹൂവത്തെ ആലായെക്കുറിച്ച് കള്ളം പറയുന്നു